റസോളുള്ളക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച അത്ഭുത കാര്യങ്ങളിലൊന്നായിരുന്നു റസോളുള്ളയോട് കല്ലുകളും മരങ്ങളും സലാം പറയുക എന്നത് ഒരു കല്ല് അതിനെ എനിക്കറിയാം എനിക്ക് നൽകപ്പെടുന്നതിന് മുൻപ് ആ കല്ല് എന്നോട് സലാം പറയാറുണ്ടായിരുന്നു തിരുമിതിയുടെ അരിവായത്തിൽ കാണാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരുന്ന കാര്യമായിരുന്നു അത് റസൂൽ നടന്നു പോകുമ്പോൾ അവിടുന്ന് സലാം കേൾക്കും അസ്സലാം അലൈക്കും അള്ളാഹ് എവി തിരിഞ്ഞു നോക്കും ഒരാളും കാണില്ല റസൂല മരത്തിന്റെ അടുക്കൽ കൂടെ നടന്നു പോയാൽ കേൾക്കും അസ്സലാം അലൈക്കും അള്ളഹ് അവിടുന്ന് തിരിഞ്ഞു നോക്കും ആരെയും കാണില്ല പിന്നീട് നബിസ്വല്ലാഹു അലി ഹുസലം വഹി ലഭിച്ചതിനു ശേഷം അവിടുന്ന് നബിയായതിനു ശേഷം അറിയിച്ച കാര്യങ്ങളിൽ പെട്ടതാണത് അവിടുന്ന് പറഞ്ഞു ഇന്നീലുഹു ആൻ ആ കല്ല് അത് ഏതാണ് എന്ന് എനിക്കിപ്പോഴും അറിയാം ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അത് ഹജറുൽ അസ്വദാൻ അല്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് ഏതാകട്ടെ നബിസ്വല്ലാഹുഅലി ഹുസല്ലം അവിടത്തേക്ക് നബൂവത്ത് ലഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഈ പറഞ്ഞ അടയാളം കാണാൻ തുടങ്ങി അതുപോലെ തന്നെ റസൂൾ സല്ലാഹു അലി വസ്ല്ലാം അവിടത്തേക്ക് നൂപൂവത്ത് ലഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി പ്രകാശം കാണാൻ തുടങ്ങി അത് ഹദീസിൽ കാണാം അദ്ദേഹം പറഞ്ഞു അപ്പാമ റസൂലി അവിടുന്ന് മക്കയിൽ പതിനഞ്ചു വർഷം ജീവിച്ചു അവിടുന്ന് ചിലപ്പോൾ ശബ്ദം കേൾക്കുമായിരുന്നു ശബ്ദം കേൾക്കും പക്ഷെ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ചില വെളിച്ചം കാണും പക്ഷെ അതെന്താണ് എന്ന് അവിടത്തേക്ക് മനസ്സിലാവുകയില്ല ചില ഹദീസുകളിൽ കാണാം ഒരിക്കൽ സല്ലാഹു അലി ഹുസലം ഹദീജ റതി അള്ളാഹുഡ അടിക്കൽ വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു ഹദീജ ഞാൻ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു ചിലതെല്ലാം കാണുന്നു എനിക്ക് ഭ്രാന്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പേടിച്ചു എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഹദീജ് അള്ളാഹുഅസോഹി സാഹു അലി വസല്ലമെ ആശ്വസിപ്പിച്ചതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഹദീസ് അത് സഹിഹാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തായാലും അലഹി വസ്ല്ലം അവിടത്തേക്ക് ഭൂവത്ത് ലഭിക്കുന്നതിന് മുൻപ് കണ്ട കാര്യങ്ങളിൽ ചില അത്ഭുത സംഭവങ്ങളാണ് അങ്ങനെയാണ് ഈ സംഭവങ്ങൾക്കെല്ലാം അതിന്റെ എല്ലാം പരിസമാപ്തി എന്നോണമാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് ഇറങ്ങുന്നത് സുദീർഘമായ ഹദീസിൽ നബിസല്ലാഹു അലി വസ്ല്ലമക്ക് വഹൈ ലഭിച്ച രൂപം നമ്മളെല്ലാം പലതവണ അത് കേട്ടിട്ടുണ്ടായിരിക്കും അള്ളാഹുഅൽഹ അവർ പറഞ്ഞു അള്ളാഹുന്റെ റസുൽ സല്ലാഹു അലി വസ്ല്ലം അവിടുത്തേക്ക് നുപൂവത്ത് ആരംഭിച്ചത് നല്ല സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു ഹത്തുൽ ഹക്കു അങ്ങനെ അള്ളാഹുന്റെ റസൂലിന് ആ ഹു വന്നെത്തി അതായത് അള്ളാഹുന്റെ ദീൻ അള്ളാഹു അങ്ങനെ റസൂലിൽ മലക്ക് വന്നു ഫിറ്റ്യോട് പറഞ്ഞു ഇക്കറ നീ വായിക്കണമെന്ന് പറഞ്ഞു ജുബ്രീൽ അലിഹുസലാമയാണ് വന്നത് റസൂലോട് പറഞ്ഞു ഇക്കറ എനിക്ക് വായിക്കാൻ അറിയുകയില്ല ഞാൻ വായിക്കുന്ന ആളല്ലെ അണച്ചു പിടിച്ചു ഞാൻ മലക്ക് ശക്തമായി അണച്ചുപിടിച്ചത് കാരണത്താൽ വളരെയധികം പ്രയാസം അനുഭവിച്ചു സുമ്മനി പിന്നെ എന്നെ മലക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടു എന്നിട്ട് എന്നോട് വീണ്ടും പറഞ്ഞു നീ വായിക്കണം എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും എന്നെ അണച്ചുപിടിച്ചു ശക്തിയായി അണച്ചുപിടിച്ചു എന്നിട്ട് എന്നെ വിട്ടു ഇങ്ങനെ മൂന്ന് തവണഅലഹി വസ്ല്ലമക്ക് സംഭവിച്ചു ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം റസൂൾ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന മൂന്ന് പ്രയാസങ്ങൾ മൂന്ന് ബുദ്ധിമുട്ടുകൾ അതിലേക്കുള്ള സൂചനയാണ് ഈ മൂന്ന് തവണയുള്ള അണക്കലും മൂന്ന് തവണയുള്ള വിടലും റസൂൾ മൂന്ന് സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും കടുത്ത പ്രയാസങ്ങളുണ്ട് അതിലൊന്ന് അവിടുത്തെ ബഹിഷ്കരിച്ചുകൊണ്ട് പുറേശികൾ അകറ്റി ചരിത്രം പറയുമ്പോൾ നമ്മൾ അത് വിശദീകരിച്ച് പറയും റസൂൾ ഉള്ളയെയും സഹാബികളെയും ൾ അവർ അബിയ പാലുവിൽ കൊടുക്കൽ വാങ്ങലുകൾ ഒന്നുമില്ലാതെ ഒരു വർഷത്തേക്ക് ബഹിഷ്കരിച്ചു അതാണൊന്ന് രണ്ട് നബിസല്ലാഹു അലി വസ്ല്ലം അവിടുത്തേക്ക് തന്റെ നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ടി വന്നതാണ് മൂന്നാമത്തേത് മൂന്നാമത്തേത് നബിസല്ലാഹു അലഹു വസ്ല്ലമക്ക് ഒഹദ് യുദ്ധത്തിന്റെ അങ്ങ് പ്രയാസങ്ങളാണ് ഈ മൂന്ന് പ്രയാസങ്ങളും റസൂൾ ഉള്ളക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല വളരെ കടുത്ത ബുദ്ധിമുട്ടുകളാണ് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു സുഹാന പിന്നീട് റസൂൾ ഇളവ് നൽകി അതിൽ നിന്ന് എളുപ്പം നൽകി അതിനേക്കുള്ള സൂചനകളായിരുന്നു ഈ മൂന്ന് അണക്കലുകൾ എന്ന് ഇബ്രഹാജലി റഹിമുള്ള അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും ശരി മൂന്ന് തവണ അണച്ചുപിടിച്ചു എന്നിട്ട് വെറുതെ വിട്ടു അങ്ങനെ എനിക്ക് വായിക്കാൻ അറിയുകയില്ല അപ്പോൾ ഈ അഞ്ച് ആയത്തുകളാണ് ആദ്യമായി അവന്റെ കലാമായി അവതരിപ്പിച്ചത് മനുഷ്യർക്ക് ഹിതായതായിക്കൊണ്ട് അള്ളാഹു സുബാനഹു ആൾ അവതരിപ്പിച്ച ആദ്യത്തെ അഞ്ചു വാക്കുകളാണിത് സുബാന ഒരാൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ എല്ലാ ദൃഷ്ടാന്തങ്ങളും ഈ അഞ്ചായത്തുകളിലുണ്ട് അള്ളാഹുന്റെ റസൂർ വായിക്കുന്നവരായിരുന്നില്ല അവിടത്തേക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു അവിടുത്തെ ഉമ്മി ആയിരുന്നു നിരക്ഷരായിരുന്നു അവിടുന്ന് എഴുതിയതായിരുന്നു ഖുർആാനെങ്കിൽ എങ്ങനെയാണ് ആ ഖുർആാനിന്റെ തുടക്കത്തിൽ തന്നെ ഇക്കറ എന്ന് പറയുക അവിടത്തേക്ക് വായിക്കാൻ അറിയില്ല ഒരാൾ എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കുന്ന ദാവത്തിൽ അയാൾ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ആദ്യം തന്നെ പറയുക ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഖുർആാനിലെ ആദ്യത്തെ ആയത്തിൽ തന്നെ ഏറ്റവും വലിയ പാഠമുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്ത് ആദ്യം അവതരിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം ഇക്കറബിസ് എന്നു പറഞ്ഞതിന് പിന്നിലുള്ള ഉദ്ദേശം ചില പണ്ഡിതന്മാർ പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല റബ്ബിന്റെ സഹായത്തോടുകൂടി വായിക്കുക റബ്ബ് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി നിനക്ക് വായിക്കാൻ കഴിയും ആ വായന എഴുത്തിന്റെ വായനയല്ല മറിച്ച് ഹൃദയം കൊണ്ടുള്ള വായനയാണ് അള്ളാഹു പറഞ്ഞതുപോലെ ഒരിക്കലും കണ്ണുകൾക്കെല്ലാം അന്ധത ബാധിക്കുന്നത് മറിച്ച് ഹൃദയത്തിന് റസൂൽഹു അലഹി വസ്ല്ലം അവിടുത്തെ ഹൃദയം തുറന്നു കൊടുക്കുന്ന സംഭവമായിരുന്നു ഈ ഒരു സംഭവം ഈ സൂറത്ത് അള്ളാഹു സുഹാന അതിന്റെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഖർനിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഈ ആയത്തുകളാണ് ഈ അഞ്ച് ആയത്തുകളാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ഇതു പറഞ്ഞതിന് ശേഷം മലക്ക് തിരിച്ചുപറയും അവിടുന്ന് ഹെറാ ഗുഹയിൽ നിന്ന് താഴോട്ടിറങ്ങി അവിടുത്തെ ഹൃദയം ഉറക്കുന്നുണ്ടായിരുന്നു ആയിഷാറു അലഹയുടെ ഹദീസിൽ കാണാം വസ്ലം ആ കേട്ട കാര്യവുമായി താഴോട്ടിറങ്ങി വന്നു അവിടുത്തെ ഫുആദ് അത് വിറക്കുന്നുണ്ടായിരുന്നു ഫുആദ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് റുആാനിൽ ഹൃദയത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ച വാക്ക് ഒന്ന് സദർ നഞ്ച് എന്നതാൻ രണ്ട് കൽബ് ഹൃദയം മൂന്ന് ഫുആദ് ഫുആദ് എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും സൂക്ഷ്മമായ അറയാണ് ഹൃദയത്തിന്റെ ഉള്ളിലെ ഏറ്റവും മഹത്തരമായ ഭാഗമാണ് അതാണ് മനുഷ്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഹൃദയത്തിന്റെ പാത്രം അതിലാണ് എല്ലാ കാര്യങ്ങളും ഹൃദയം ശേഖരിച്ചു വെക്കുന്നത് ചിന്തകൾ ആലോചനകൾ കാഴ്ചകൾ വിശ്വാസങ്ങൾ എല്ലാം ഹൃദയത്തിന്റെ ഈ അക ഈ അകത്തളത്തിലാണ് അതാണ് ഫു എന്ന് പറഞ്ഞാൽ റസൂൾ ഹൃദയത്തിന്റെ ഉൾഭാഗം വിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വറച്ചുകൊണ്ടിരിക്കുകയാണ് അടുക്കളിച്ചു പുതപ്പിക്കൂ എന്നെ പുതപ്പിക്കൂ എനിക്ക് പുതപ്പു തരും എന്ന് റസൂൽ അലൈഹി വസ്ല്ലം വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് റസൂൾ ഉള്ള വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ ായി സംഭവങ്ങളെല്ലാം പറഞ്ഞു അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയന്ന് പോയി ഞാൻ മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് നബിഅള്ളാഹുഅലൈ വസ്ലം ഖദീജയോട് പറഞ്ഞു അപ്പോൾ ഹദീജ റതി അള്ളാഹു അംഗ പ്രസിദ്ധമായ അവരുടെ വാക്കുകൾ പറഞ്ഞു ഹദീജ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ കുറച്ച് വാക്കുകൾ മതി റതി അല്ലാഹു അവർ പറഞ്ഞു അല്ലാ ഒരിക്കലുമില്ല അഹമ്മദ് ഒരിക്കലും അത് സംഭവിക്കുകയില്ല അള്ളാഹു സത്യം അള്ളാഹു ഒരിക്കലും നിന്നെ അപമാനിക്കുകയില്ല ഒരു ഭാര്യ പറയുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് പ്രയാസം അനുഭവിച്ചു വരുന്ന ഭർത്താവിനോട് പറയാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുന്ന ഏറ്റവും മനോഹരമായ വാക്കാണ് ഖല്ലവ്ലാഹ് ഒരിക്കലുമില്ലാഹു അള്ളാഹു ഒരിക്കലും നിന്നെ അപമാനിക്കുകയില്ല അള്ളാഹു ഒരിക്കലും നിന്നെ നിന്ദനാക്കുകയില്ല അത് മാത്രം ക്വാളിറ്റി അലിഹു വസ്ല്ലമൊക്കെ ഉണ്ട് അത് പറയാൻ മാത്രമുള്ള മാനസികമായ ശക്തി ഖദീജൊക്കെ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആളുകൾ ഹദീജയിലേക്ക് നോക്കാൻ പറയും ഭാര്യയോട് ഹദീജയിലേക്ക് നോക്കുന്നതോടൊപ്പം ഹദീജയുടെ ഭർത്താവിലേക്ക് നോക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഹദീജക്ക് ബാക്കിയുള്ള വാക്കുകൾ പറയാൻ പറ്റിയത് അവർ പറഞ്ഞു കല്ലാ ഒരിക്കലും അത് സംഭവിക്കുകയില്ല ഇന്ന കല തൊസീലുറീം നീ കുടുംബ ബന്ധം ചേർക്കുന്നവനാണ് ഒജ്മിൻ ഉൽ കല് നീ പ്രയാസങ്ങൾ വഹിക്കുന്നവനാണ് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നീ വഹിക്കാറുണ്ട് അവർക്കുണ്ടാകുന്ന കടങ്ങൾ നീ ഏറ്റെടുക്കാറുണ്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നീ പങ്കുചേരാറുണ്ട് അതും ജനങ്ങൾക്ക് ആർക്കും കാണാത്ത നല്ല സ്വഭാവങ്ങൾ അതവർക്ക് പകർന്നുകൊടുക്കുന്നവനാണ് നീ അവിടെ കാണാത്ത നല്ല സ്വഭാവങ്ങൾ നിനക്കുണ്ട് ജനങ്ങൾക്ക് ഏറ്റവും നല്ല സ്വഭാവം പകർന്നു കൊടുക്കുന്നവനാണ് നീ ഒത്തുക്കറി വൈഫ് നീ അതിഥിയെ ബഹുമാനിക്കുന്നവനാണ് സത്യം അതിനുവേണ്ടി ഉണ്ടാകുന്ന എന്ത് ആവശ്യങ്ങളുണ്ടോ അതെല്ലാം നീ സഹായിക്കാറുണ്ട് എന്തെല്ലാം സത്യത്തിനുവേണ്ടി നന്മക്കു വേണ്ടി എന്ത് സംഭവങ്ങൾ ഉണ്ടാകുന്നോ അതിലെല്ലാം സഹായവുമായി നീ എത്താറുണ്ട് നോക്കു നിങ്ങൾ അലൈഹു അവിടുത്തെ മക്ക കാലഘട്ട വിതായിരുന്നു കുടുംബബന്ധം ചേർക്കുക പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്ക അവർക്ക് പങ്കുചേരുക അതുപോലെ തന്നെ സത്യം എവിടെ സഹായം ആവശ്യപ്പെടുന്നു അവിടെ ിൽ അറിയപ്പെട്ടതിന് ശേഷമാണ് നബിസല്ലാഹു അലഹി വസ്സല്ലാം ആ സമൂഹത്തിലേക്ക് നബിയായി നിയോഗിക്കപ്പെടുന്നത് ആരാണ് റസൂൽ എന്നവർക്ക് കരയാൻ ഹദീജ് അള്ളാഹുഅൽഹയുടെ ഈ വാക്കുകളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും ഹദീജറി അള്ളാഹു അലഹ് റസൂള്ളെ സമാധാനിപ്പിച്ചു എന്നിട്ട് റസൂൾ വറക്കച്ചു നൌഫൽ എന്ന് പേരുള്ളയാളുടെ അടുക്കലേക്ക് ഹദീജറി അള്ളാഹുഅൽഹ പോയി മകനാണ് അങ്ങനെ കുറിച്ച് അറിയാം വറഖത്തുബിൻ നൌഫലാകട്ടെ ഒരു നസ്വറാനിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അറബികളിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം നസ്റാനി മതം സ്വീകരിച്ചയാളാണ് കാലഘട്ടത്തിൽ തന്നെ നസ്റാനി ദീൻ സ്വീകരിച്ചയാളാണ് വറഖത്തുബിന് നൌഫൽ അദ്ദേഹം عبراني باشيل موسى نبي عليه الصلاة والسلام الى توراة بغرتية دارون دارون دارون دارون أدوبو لتن عيسى نبي ديم موسى نبي ديم ترترطين لن دارانم صنبو ونقل بديش وقتيه وليوا يسن دارون درائم كوريا دكارنا مكان لكاية دك نشتفت اطرام اطرام وردنا وقتيه ورقة بن نوفل ورقة بن نوفل انداء خديجة رضي الله عنها അവർ റസൂൽ ചെന്നു എന്നിട്ട് ഒന്ന് കേട്ടു നോക്കണം അങ്ങനെ സംഭവങ്ങൾ കേട്ടുകഴിഞ്ഞതിന് ശേഷം പറഞ്ഞു മൂസയുടെ മേലിറങ്ങിയ നാമൂസ് ആണ് ഇത് നാമൂസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ജുബ്രീൽ അലിത്തുലാം അള്ളാഹുവിന്റെ വഹയെത്തിക്കുന്നയാളാണ് അത് ഏറ്റവും അമീനായി എത്തിച്ച ആളായിരുന്നു ജുബ്രീൽ അതുകൊണ്ട് തന്നെ ജുബ്രീലിന്റെ അടുക്കൽ ധാരാളം രഹസ്യങ്ങളുണ്ട് മറ്റു മലക്കുകൾക്ക് പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ അതുകൊണ്ട് അവർ ജുബ്രീലിനെ നാമൂസ് എന്ന് വിളിച്ചിറന്നു അത് അല്ല ദൂസ മൂസയുടെ മേൽ ഇറങ്ങിയ നാമൂസാണ് നിന്റെ അടുക്കൽ വന്നിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു നിന്റെ സമൂഹം നിന്നെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവനോടുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ അലൈഹു അത് കേട്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു ും ഈ നാട്ടുകാരെന്നെ പുറത്താക്കുമെന്നോ എന്റെ നാട്ടുകാരെന്നെ പുറത്താക്കുകയോ കാരണം റസൂല്ലാഹിഹു അലിഹുസം അത്രമാത്രം അവർക്കിടയിൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ് അൽ അമീൻ എന്നവരെല്ലാവരും ഒരു ഒന്നടങ്കം വിളിച്ചിരുന്നു മുഹമ്മദിനെ കുറിച്ച് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല ഈ നാട്ടുകാർ هذا محمد. لن ناور پرتاكم. لم يأتي رجل قط بمثل ما جئت به إلا عوده. ني كند وانده؟ عار اللام كند وانده تونده تارترتي. عار اللام جننال شطر كلاهي كانده تونده. عار اللام نبي ما رأي وانده تونده؟ عار اللام جننال شطر كلاهي كانده تونده. وإن يدركني يومك أنصرك نصرا مؤزراه. ني نبي آي بربيدنا صندرباتي. ഞാനുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാൽ എന്നാൽ കുറച്ചു കാലം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്നെ മരണപ്പെടുകയുണ്ടായി പിന്നീട് കുറച്ചു ദിവസങ്ങൾ നബിസല്ലാഹ് അലഹി വസല്ലമക്ക് വഹയിൻ ലഭിക്കാതിരുന്നു അതിനാണ് പിന്നീട് വഹയിന്റെ ഫുത്തൂർ ഉൽ വാഹി എന്ന പേരിൽ അറിയപ്പെട്ടത് ഈ കാലഘട്ടമാണ് കുറച്ചു കാലഘട്ടം നബിസല്ലാഹു അലിഹു വസ്ല്ലം ആ സന്ദർഭത്തിൽ വലിയ വിഷമത്തിലായിരുന്നു അവിടത്തേക്ക് കുറച്ചു ദിവസങ്ങൾ പിന്നീട് ഒരു വിവരവുമില്ല പിന്നീടൊന്നും കേൾക്കാനില്ല പിന്നീട് ഒരാളെയും കാണാനില്ല ഇക്രബിസ്മർ ബിഖലി ഹല് എന്ന് തുടങ്ങുന്ന അഞ്ച് ആയത്തികൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു വിവരവുമില്ല ഈ ഫുത്തൂർ ഉൽ നബി സാഹു അലിഹി വസ്സല്ലമക്ക് ഒരു വിവരവും ലഭിക്കാതെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി പണ്ഡിതന്മാർ പറഞ്ഞു അത് അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലേഹു വസ്സല്ലമക്ക് മനസ്സൊന്നൊരുമിച്ചു കൂട്ടാൻ വേണ്ടി അവിടത്തേക്ക് ആ ഭയവും പേടിയും അത് മനസ്സിൽ നിന്ന് നീങ്ങിപ്പോകാൻ വേണ്ടി അള്ളാഹു സുഹാനുഭൂ അയാളെ നിശ്ചയിച്ച ഇടവേളയായിരുന്നു ആ കുറച്ചു സമയം ആ കുറച്ചു സമയം അവിടത്തേക്ക് വഹി ലഭിച്ചില്ല റസൂൾ പറയാൻ ചില ഹരീസുകൾ കാണാൻ അള്ളാഹുന്റെ റസുൽ ആകാശത്തേക്ക് നോക്കി നടക്കും അവിടത്തേക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടി കാരണം അവിടുന്ന് തേടിക്കൊണ്ടിരുന്ന സത്യമാണിത് അവിടുന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടുന്ന് വർഷങ്ങളോളം ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചതിനെ കുറിച്ചായിരുന്നു അവിടത്തേക്കൊന്നും അറിയില്ലായിരുന്നു അള്ളാഹു സുബാൻഹുഅല പറഞ്ഞതുപോലെമാൻമ്മദ് നിനക്കൊന്നും അറിയില്ലായിരുന്നു മാക്കുൻ തെതിരി നിനക്കറിയില്ലായിരുന്നു മൽ കിതാബ് എന്താണ് കിതാബ് എന്ന് നിനക്കറിയില്ല ഓ മൽഇമാൻ എന്താണ് ഈ മാൻ എന്ന് നിനക്കറിയില്ലായിരുന്നു ാണ് നാം നിനക്ക് അത് പഠിപ്പിച്ചു തന്നത് ചെയ്തു തന്ന ഔദാര്യം അത്ര വലിയ ഔദാര്യമാണ് അള്ളാഹു ചെയ്തു കൊടുത്തത് അപ്പോൾ അലൈ വസ്ലം ഈ അഞ്ച് ആയത്തുകൾ ലഭിച്ചതിനു ശേഷം അവിടുന്ന് പിന്നീട് വഹൈ ലഭിക്കുന്നതിനു വേണ്ടി ആഗ്രഹിച്ചു നടക്കുന്ന ഒരു സമയമുണ്ടായി അതാണ് ഫുതൂർ ഉൽ വഹിന്റെ സമയം അതിനുശേഷമുള്ള സംഭവങ്ങൾ അടുത്ത കേൾക്കാം അള്ളാഹു സുബാറുമാറാകട്ടെ